അങ്ങനെ അവൻറെ ഫലങ്ങൾ നശിപ്പിക്കപ്പെട്ടു താൻ അതിനായി ചിലവഴിച്ച കാര്യങ്ങളെ ഓർത്ത് അവൻ തൻറെ കൈകൾ തിരുമിക്കൊണ്ടിരുന്നു അത് അതിൻറെ പന്തലുകളിൽ തകർന്നു വീണിരുന്നു പറഞ്ഞു എന്റെ രക്ഷിതാവിനോടൊപ്പം ഞാൻ ആരെയും പങ്കു എന്ന് ഞാൻ ആശിക്കുന്നു